शांतये വിരുപന്താപാവനമചിന്യ വൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ കിന്തിലഹുർബ്ര ഗുരുവിഷ്ണു देवो മഹേശ്വരഹാ ുരുസക്ഷാ പരം ബ്രംഹ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തേഹിമൂർത്തമധ്യം നിഗരണം നാമഗോത്രം നൂത്രം നോ ജാതിർന്ന പുരുഷോ നസം സ്ത്രീ നോ വികാരം നിജനിമരണം നാസ്തി പുണ്യം നാപം തോ തും സഹജ സമരസം സദ്ഗുരു തം നമു സദാശിവസമാരംഭാ ശമധ്യമാ അസ്മദ്യപര്യം വന്ദേ ഗുരുപരംപരാ മൗനവ്യകട്രഹ്മത്തും യുവാന വർഷിട്ടാ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കലകളിതചിന്മുദ്രം ആനന്ദമൂർത്തിമാരാമം ഉദവദനം ദക്ഷിണമൂർത്തിമീഡേ േവിഭാസകാദാത്ത നാദിഗേന്ദ്രസംഘപയോഗീന്ദ്രവ്യ മോഹധ്വാദിവാകരായ ഭഗവത്പാദിത്തിഭ്രസ്മൈ ഭാഷ്യകോസ്തു സതകം പൂർണ്ണ ബോധാത്മനി यस्योर्मि അപാര സച്ചിത്സുഖവാരിരാശേ യോർമുമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്തിവിഹീനം ഹൃദ ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിർന്നൂ നാഹം തദ്ധാത്മസദ്ഭാവതഹം ഗോഹം ഭാവയു കൂതോ വരധിയാ विभातिस्वयं സ്ഫൂർത്തിയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണപൂർണസുധാ കബളിദഘന വിശ്വകിരണവലിയ അരുണാചല പരമാരുണോ ഭിത്തകം സുവി ്യരുചലസം ഭൂ സ്ഥിവാ പ്രലീനമേതം ഹൃദ്യഹത്മതയാ ഭോതത്തെ വദി ഹൃദയം നാമ नाम. കൂത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയാ അവഗമ്യ സ്വപം ശാമ്യരുണാചല തഷയം ബാഹ്യം രുദ്ധപ്രാണന രുദ്ധമനസാൻ പശ്യത്തി അരുണാ ചല മഹീയം തേ ർപ്പനസം പശ്യൻ സർവൃതികയാ സതും ഭജത്തെ അനന്യ പ്രീയാ സജയത്രുണാ ചല ത്യ സുഖേ മഗ്ന ശോണപ്രഭം സോമകലാവസം പാണിസ്ഫുത് പഞ്ചലേക്ഷുചാ പ്രണപ്രിം നൌമി പിണേ കോണത്രയസ്ുലദ നമാമിയാമി നഥലേഖാലകുന്ത चूडोत्तं സിതന്ദ്രചാരുക്കളി dhavilolakāmaślabhaśreyodashāgre-spuran ചഞ്ചക്ഷി കാസ്വരൂ ലീലാദഗവിലോല കാമശലഭ്രേയോദാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജദമോഹതിമര പ്രഭാരമുച്ചാടയ ചേതോന വിജയത്തെ ജാനപ്രദീപോഹരഭോജവദനംബുജേ സനിധി സന്നിധി കന കാന്തി വധിരാജസ്തു മൂക്കാമപുരൂനൈക്കാഗൈഭവം ശ്രീകാഞ്ചീനഗരീ വിഹാരരസി ശോകാഹന്ത്രീ സാ എകാ പുണ്യപരം പരാ പശുപത്തെ ആകാരി രാജത്തെ യോന്ത് പ്രവിശ്യ മമവാചയിമാസുപ്ജീവയഖില ശക്തിധരസ്വധാന അനാംശഹസ്തരണവണത്ഗാദീൻ പ്രാണന്നോ ഭഗവത്തെ പുരുഷാ യുഭ്യം ഹരി ഓ പാർയ പ്രതിബോധിത ഭഗവത സ്വയം വ്യാസനഗ്ര പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണ്യംബ ധാ ഭഗവത്ഗീതണ विशाल बुद्धे നമോസ്തു വ്യാസവിശാലുദ്ധേ ഫുല്ലേത്രേന യാ ഭാരതൈലൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ പ്രപ്പന്നിജാ സ്ോത്രവേത്രൈകാണയീ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനഹം വസുദേവസുത ം സാണൂരമർദന ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കു ലംഘയേ ഗിരികൃപം വന്ദേ പരമാനന്ദ മാധവ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുതൺവന്തി വേദസാംഗപദ്രമോപനിഷദൈർഗായം സാമഗാ ദ്ഗേന മനസാ പശ്യം യോഗിനോ യം നദുസുരാഗണാ ദൈ നമ പാർസാരഥിണ ശ്രാവയ ശുഭം ഗിരം പാർസ്യർത്തിഹരോ ദഹമൂർത്തിന ഭഗവത് അനുഭൂതിയെ തന്നെ ഭക്തിയെന്നും ജ്ഞാനമെന്നും യോഗമെന്നും ഗുണാതീത സ്ഥിതി എന്നും സ്ഥിതപ്രജ്ഞലക്ഷണമെന്നും ഒക്കെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പല പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞു അനുഭൂതിയുടെ സ്വരൂപം എന്താണ് എന്നുവെച്ചാൽ അത് അനുഭവിച്ച് തന്നെ അറിയണം അല്ലേ എന്ത് അനുഭവമാണെങ്കിലും ഒരു ഭക്ഷണപദാർത്ഥമാണെങ്കിലും രുചിച്ച് തന്നെ അറിയണം തമിഴിൽ കന്ധർ അനുഭൂതി എന്ന ഒരു കൃതിയുണ്ട് അതും അനുഭൂതി എന്നാണ് പേര് അറിവാർ അറിവ അറികതലാൽ എവ്വാറൊരുവർക്ക് ഇശൈവിപ്പതുവേ അതില് അരുണഗിരിനാഥസ്വാമി പറയണു അത് അങ്ങനെ തന്നെ അവരെങ്ങനെ അനുഭവിച്ചോ അങ്ങനെ അനുഭവിക്കുക അല്ലാതെ എങ്ങനെ പറഞ്ഞുകൊടുക്കും അനുഭൂതിയം പ്രകാശ സ്വസംവേദ്യമാണ് എല്ലാ അനുഭവം ഇവിടെ നമുക്ക് വിഷയമാകട്ടെ ഭഗവത് അനുഭവം ആത്മാനുഭവം സമസ്തവേദാർത്ഥസാരസംഗ്രഹഭൂതം എന്ന് ഭഗവത്ഗീതയ്ക്ക് ആചാര്യസ്വാമികൾ വിശേഷണം കൊടുക്കും ൂതം വേദാർത്ഥം മുഴുവൻ അതിന്റെ സാരം മുഴുവൻ സംഗ്രഹിച്ച് ഭഗവത്ഗീതയിലുണ്ട് എന്താണ് വേദാർത്ഥസാരം അതിന്റെ സംഗ്രഹരൂപം എന്താണ് തമേവൈക്കം ജാനഥ ആത്മാനം അനാവാചോ വിമുഞ്ചഥ അമൃതസൈഷ സേതു എന്ന് ശ്രുതി ഉപനിഷൻ വേദാർത്ഥത്തിന് മുഴുവനും ഒരു മന്ത്രം സംഗ്രഹിക്കാൻ തമേവൈക്കം ജാനഥ ആത്മാനം അന്യാവാചോ വിമുഞ്ചഥ അമൃതശേഷ സേതു അമൃതത്വം മരണമില്ലാത്ത സ്ഥിതി സ്വാനുഭവം അതിനൊരു നേര ഒരു പാലം ഒരു ഡയറക്റ്റ് ബ്രിഡ്ജ് എന്താണ് വെച്ചാൽ തമേവ ആത്മാനം ജാനത് ഏകം ജാനാവാചോ വിമുഞ്ചഥ അമൃതശേഷ സേതു ബാക്കിയുള്ളതൊക്കെ വിട്ടുകളയും വളരെ സിമ്പിൾ ഒരു കാര്യമേ അറിയാനുള്ളൂ നിങ്ങള് നിങ്ങളെ അറിയാം നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നറിയ അതിൽ വേദാർത്ഥം മുഴുവൻ സമാപിച്ചിരിക്കുന്നു അവസാനിച്ചിരിക്കണമെന്ന് ഒരുപാട് അറിയാനൊന്നുമില്ല താൻ ആരും ആണോന്നറിയാം തന്റെ സ്വരൂപം എന്താണെന്ന് അറിയാം അങ്ങനെ അറിഞ്ഞാൽ എന്താ പ്രയോജനം തത്ര ശാന് ആനന്ദ സ്വരൂപപ്രാപ്തി എത്ര എവിടെയാണോ സ്വരൂപപ്രാപ്തി ഉള്ളത് അവിടെയാണോ ശാന്തി അവിടെയാണോ ആനന്ദം അവിടെയാണ് നിറവ് സമ്പൂർണമായ തൃപ്തി സന്തോഷം എല്ലാവർക്കും വേണ്ടത് അതാണല്ലോ സന്തോഷം സുഖം വേണം സുഖത്തിന് എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കണോ അല്ലെ ഇപ്പോ തിരുതകൃതി ആയിട്ടുള്ള ന്യൂസാണ് ചൊവ്വേലിക്ക് പോകാൻ പുറപ്പെട്ടിരിക്കണപ്പോൾ ആളുകള് മാർസിലേക്ക് പോവാൻ പതിനെട്ട് മാസ യാത്രയാണത്രേ ഇവിടുന്ന് കയറ്റി വിട്ടുകഴിഞ്ഞാ പിന്നെ തിരിച്ചൊന്നും കൊണ്ടുവരില്ല ഇതിലൊക്കെയാണ് ഉത്സാഹം പുറത്ത് വളരെ സിംപിളായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ളത് ആളുകൾക്ക് ദൃഷ്ടി പോവില്ല പുറത്തെവിടെങ്കിലൊക്കെ പോകണോ എത്ര വേണമെങ്കിൽ പോകും ആത്മാനം ജാനഥ അന്യാച്ചോ വിമുഞ്ചഥ അമൃതശേഷ സേതു ആത്മാ എന്നും ഭഗവാൻ എന്നും ബ്രഹ്മമെന്നും പല പേര് പറഞ്ഞു വിളിക്കണോ അല്ലേ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ഭഗവത് അനുഭവം വദത്തി തവിദ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതിന് പരമാത്മാവെന്നും ഭഗവാൻ എന്നും ശബ്ദത്തെ എന്ന് പറഞ്ഞാൽ വേദം പറയണെന്നർത്ഥം ശബ്ദ നാമ വേദ വേദം പറയണു ബ്രഹ്മം പറയുന്നു പരമാത്മാവെന്ന് പറയുന്നു ഭഗവാൻ എന്ന് പറയണു അതിന്റെ സ്വരൂപം എന്താണ് അദ്വയം ജ്ഞാനം രണ്ടില്ലാത്തതായ ജ്ഞാനം ശുദ്ധമായ ചൈതന്യം ബോധം അതിനെ ഭഗവാൻ എന്നും പരമാത്മാവെന്നും വിളിക്കുന്നു അതിന്റെ അനുഭവം തന്നെയാണ് ഭക്തി നാരദ ഭഗവാൻ ഭക്തിസൂത്രത്തില് ഭക്തിയുടെ ലക്ഷണം പറയുമ്പോൾ പറഞ്ഞു യല്ലധ്വാൻമത്തോ തൃപ്തോത്മാരാമോത് വാഞ്ചത്തെ നോത്സാഹീവ്വാതൊന്ന് കിട്ടിക്കഴിഞ്ഞാലാണോ ഉന്മത്തനെ മത്തോ സ്തബ്ധോവത്തി തൃപ്തോ ഭവത്തി ആത്മാറാമോ ഭവത്തി അനുഭൂതിയുടെ സ്വരൂപത്തിനെ പുറമേ നിന്നാണോ വർണ്ണിക്കുന്നത് കാണുമ്പോ മത്തനെന്ന പോലെ ഉന്മത്തനെന്ന പോലെ ആത്മാരാമനായിട്ട് ബാഹ്യമായ യാതൊന്നിലും രുചി കാണിക്കാതെ സ്വാനുഭവത്തിൽ തന്നെ തൃപ്തനായി സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു അനുഭൂതി സ്ഥിതി മനുഷ്യന് സാധ്യമാണ് എന്നുള്ളതാണ് മനുഷ്യജന്മത്തിന്റെ മഹിമാ ഭാഗവതം പറഞ്ഞു അതാണത്ര ഭഗവാൻ തൃപ്തിയായത് ഇയാൾക്ക് അത് സാധിക്കും ഈ ക്യാൻ നോ ഹിംസെൽഫ് ഈ ക്യാൻ റിയലൈസ് ഹിംസെൽഫ് ഇത് വേറെ ഒരു പ്രാണികൾക്ക് സാധ്യമല്ലാത്ത ഒരു കഴിവ് വലോകധിഷണം ഇവനുണ്ട് എന്ന് കണ്ട് ഭഗവാന് തന്നെ സൃഷ്ടിപൂർണമായി എന്നൊരു തൃപ്തി വന്നു ആ ഭഗവത് അനുഭൂതി ഹൃദയത്തിൽ വരുമ്പോൾ പരിപൂർണമായ ഒരു നിർവൃത്തി ഉണ്ടാവണം ആ നിർവൃത്തിയാണ് നമുക്ക് ലക്ഷ്യം അതിനെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും ഉപനിഷത്തിലും ഭാഗവതത്തിലും പുരാണങ്ങളിലും മഹാപുരുഷന്മാരുടെ അനുഭൂതി സ്തോത്രങ്ങളിലും കവിതകളിലും ശ്ലോകങ്ങളിലും ഒക്കെ കാണും ആ അനുഭവത്തിനെ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് വേദം കർമ്മം ഉപാസന ജ്ഞാനം എന്ന് മൂന്നും വിധിച്ചു അതുകൊണ്ട് ഭഗവാൻ ഗീതയിലും ഈ മൂന്നും പറഞ്ഞു കർമ്മം ഉപാസന ജ്ഞാനം ഒമ്പതാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടത് ഗീതയുടെ ഹൃദയസ്ഥാനമാണ് ഭക്തി എന്ന് വെച്ചാൽ തന്നെ ശരണാഗതിയാണ് ശരണാഗതിയുടെ ലക്ഷ്യമോ ശരണാഗതിയുടെ ലക്ഷണമോ അനന്യാശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസത്തെ തേശാ നിത്യാഭിയുക്തം യോഗം വഹാമ്യഹം ഭഗവാനല്ലാതെ വേറെ ഒന്നും ആശ്രയിക്കാത്ത ഭഗവതൈക ശരണന്മാരായിട്ടുള്ള ഭിക്ഷുക്കൾ ഭഗവാന്റെ യോഗക്ഷേമശക്തിയുടെ വൈഭവം നല്ലവണ്ണം കാണും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ എനിക്ക് ഓർമ്മ വരണം ഇന്ന് ഇന്നത്തെ കാലത്തും ഇപ്പോഴും അതൊന്നും കുറഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും ഒരു മഹാപുരുഷൻ എനിക്ക് നല്ലവണ്ണം പരിചയമുള്ള ഒരു സന്യാസി കുടുത്ത മുണ്ടോടുകൂടെ ഉടുത്ത കാഷായത്തോടുകൂടെ അടുത്ത നേരത്തെ ഭക്ഷണത്തിന് പോലും കയ്യിൽ കരുതാതെ ഭാരതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ബോംബെയിൽ പോകുമ്പോ അതിന് അടുത്ത മഹാരാഷ്ട്രത്തില് വന്നിരുന്നു ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം അതും സമ്പ്രദായ സന്യാസി അതുകൊണ്ട് എല്ലായിടത്തുനിന്നും പാചകം ചെയ്ത ഭക്ഷണമൊന്നും കഴിക്കില്ല എന്നിട്ടും യോഗക്ഷേമം വഹാമ്യം അടുത്ത നേരത്തെ ആഹാരം എവിടെ കിട്ടുന്ന അറിയില്ലേ നമ്മൾ കാണാൻ നമ്മളെ ആരും നോക്കുക എന്ന് വിചാരിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ടുത്തുണ്ട് ഉടുത്ത കാഷായത്തോടുകൂടി ഉള്ള യാത്രയാണ് എവിടെയോ കിടക്കണു പോയി പോയിക്കൊണ്ടേയിരിക്കണു അതും ഒരു കാലത്തിൽ വലിയ ഓഫീസറായിട്ടിരുന്ന ആളാണ് ഭഗവാന്റെ കൃപാശക്തി എപ്പോഴാണോ ഒരാളെ ആ സ്ഥിതിക്ക് കൊണ്ടുവരിക എന്ന് പറയാൻ വയ്യ അത് മുഴുവൻ ഡയറിയിൽ കുറിച്ച് എനിക്ക് കൊടുത്ത പുസ്തകമായിട്ടൊന്നും പ്രകാശിപ്പിച്ചിട്ടില്ല പക്ഷെ അതില് എഴുതി കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഈ യോഗക്ഷേമ ശക്തി ഒന്നും കുറഞ്ഞേ പോണില്ല യോഗക്ഷേമധുരന്ധരസ്യം സകലശ്രേയ്രദോദ്യോഗിന ദൃഷ്ടാദൃഷ്ടമോപദേശകൃതിനഃ ാഹ്യന്തരവ്യാപിഹം സർവ്ഞസ് ദയാകരസം വേദിതവ്യം മയാ ശംഭോ ത്വ പരമാന്തരംഗേ ചിത്മരാമ്യന്വഹം ശിവാനന്ദലഹരിയിലെ ഒരു ശ്ലോകം ഭഗവാന്റെ അടുത്ത് പറയാണ് ഭഗവാൻ ആരാണെന്ന് വെച്ചാൽ യോഗക്ഷേമധുരന്ധര ഈ ഭക്തന്റെ യോഗക്ഷേമം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത് കച്ചകെട്ടിയിരിക്കുകയാണെന്നാണ് യോഗക്ഷേമ ദുരന്തരസ് സകല ശ്രേയപ്രദോദ്യോഗിനം ചിലപ്പോൾ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖമൊക്കെ കൊടുക്കും പക്ഷെ അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ പ്രേയസ്സിൽ നിന്നു പോകാൻ പാടില്ല ലോകത്തിലുള്ള കാര്യത്തിൽ മാത്രം നിൽക്കാൻ പാടില്ല പരമശ്രേയസിനെ കൊടുക്കാനായിട്ട് സകലശ്രേയപ്രദോദ്യോഗിനഹം ദൃഷ്ടാദൃഷ്ടമോപദേശകൃതിനഹം ബാഹ്യാന്തരവ്യാപിന ഉള്ളിലാത്മാവായും വെളിയിൽ എല്ലാവരുടെ ഹൃദയത്തിലും ഇരുന്നും പ്രവർത്തിക്കും സർവജ്ഞസ് ദയാകര കിം വേദിതവ്യം മയാ സർവജ്ഞൻ കരുണയെ സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് ഞാൻ ഇനി എന്താ പോയി അറിയിക്കുന്നതാണ് ശംഭോത്വം പരമാന്തരംഗ ഇതി മേ ചിത്തെ ഭഗവാൻ എന്റെ ഹൃദയത്തിൽ ഇരിക്കണു എന്ന് ഞാൻ ഓർത്തോളാം ഹൃദയത്തില് ഭഗവാൻ ഈശ്വര സർവഭൂതൃശയ ആ സ്മരണ ഉണ്ടെങ്കിൽ ഭഗവാന്റെ യോഗക്ഷേമ ശക്തി നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതാണല്ലോ ഒമ്പതാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യോഗം രാജഗുഹ്യെന്നുവെച്ചാൽ റോയൽ സീക്രട്ട് ഈ ഭക്തി ഒരു സീക്രട്ടാണ് ഭഗവത് അനുഭവം ഒരു സീക്രട്ടാണ് എന്താ സീക്രട്ട് എന്ന് വെച്ചാൽ അത് അത് ചെയ്യാതെ അറിയില്ല എത്ര പുസ്തകം വായിച്ചാലും അറിയില്ല അത് അനുഭവിക്കാതെ അറിയില്ല ഓപ്പൺ സീക്രട്ടാണ് എന്നു വെച്ചാൽ പറഞ്ഞു കൊടുത്താലൊന്നും മനസ്സിലാവില്ല ഭഗവാന്റെ യോഗക്ഷേ അതുകൊണ്ടാണ് എല്ലാം വിട്ടിട്ട് ഇറങ്ങണതേ എന്താണെന്ന് വെച്ചാൽ യോഗക്ഷേമ ശക്തിയെ ഡയറക്റ്റ് ആയിട്ട് കോൺഫറൻറ്റ് ചെയ്യണമെങ്കിൽ അന്യ ആശ്രയാണാം ത്യാഗ ബാക്കിയുള്ള ആശ്രയം ഒക്കെ വിട്ടിട്ട് അങ്ങനെ നിൽക്കുക അപ്പോഴാണ് ഭഗവാന്റെ ആശ്രയം നമുക്ക് ഉണ്ടെന്ന് അറിയാം ഇതിപ്പോ നമ്മൾ അത് ഇതൊക്കെ ആശ്രയം വെച്ചോണ്ടിരിക്കുമ്പോൾ ഭഗവത് ആശ്രയം അറിയണില്ല ഇപ്പോഴും ഭഗവാനാണ് ആശ്രയം പക്ഷെ ഭഗവാനാണ് ആശ്രയം എന്ന് അറിയാൻ സാധിക്കണില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവര് നോക്കും അവർ നോക്കും അതുകൊണ്ടാണ് ഗോപികകൾ ഭാഗവതത്തില് പത്തിസുതാൻവയ ഭ്രാതൃ ബാന്ധവാൻ അതിവിലംഘ്യത്തെ അന്തി അച്യുത ആഗതാഹാന് എല്ലാം വിട്ടിട്ട് ഭഗവാന്റെ അടുത്ത് വന്നു നമ്മളെല്ലാം വിട്ടിട്ടില്ലെങ്കിലും എല്ലാം നമ്മളെ വിട്ടിട്ട് പോകും ഭർതൃഹരി വൈരാഗ്യശതകത്തിൽ പറഞ്ഞു അത് വിട്ടിട്ട് പോകുമ്പോൾ വല്ലാത്ത വേദന നമ്മൾ വിട്ട ആനന്ദം ഒരുപാട് വ്യത്യാസമുണ്ട് എന്തായാലും വിട്ടുപോകും അത് വിട്ടുപോകുമ്പോൾ താങ്ങമയ്യ സഹിക്കുവയ്യാത്ത വേദന നമ്മൾ അങ്ങോട്ട് ഉള്ളു കൊണ്ട് അങ്ങോട്ട് സംഘം അങ്ങോട്ട് വിട്ട നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻമുക്തി അകമയ്ക്കങ്ങട് നിസ്സംഗമായ ആനന്ദം ൃപ്തി നിർവൃത്തി അതുകൊണ്ട് ഭഗവത് ആശ്രയത്തിന്റെ മഹിമാ വൈഭവം ഭഗവാന്റെ യോഗക്ഷേമ ശക്തിയുടെ വൈഭവം ഒമ്പതാമത്തെ അധ്യായം ആ റോയൽ സീക്രട്ട് ഭഗവാൻ ഒമ്പതാമത്തെ അധ്യായത്തില് പറഞ്ഞു മാത്രല്ല വേറെ ഒരു കാര്യം പറഞ്ഞു നമ്മള് അധ്യാത്മസാധന ചെയ്യുമ്പോൾ അധികവും നമ്മള് മുഖ്യമായ ഒരു ലക്ഷ്യം എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ശരിയാക്കണം ഒരുപാട് ദോഷങ്ങളുണ്ട് മനസ്സിൽ ഒരുപാട് ദോഷങ്ങളുണ്ട് ശരീരത്തിൽ ഒരുപാട് ദോഷമുണ്ട് ഇത്രയൊക്കെ തന്നെ ഞാൻ നല്ലവനായിട്ട് നടിച്ച് എനിക്കറിയാം എന്റെ സ്വഭാവം ശരിയില്ല എന്തൊക്കെയോ എനിക്ക് ദോഷമുണ്ട് ചില ചില ആചാരദോഷങ്ങളുണ്ട് ഒക്കെ തോന്നും ഇതൊക്കെ ഇപ്പൊ എങ്ങനെ ശരിയാക്കും ഒരാൾ പറയാ ഡോക്ടറെടുത്ത് സുഖമില്ല പനിയാണ് ഡോക്ടറെടുത്ത് കാണിച്ചു ഞാൻ ഇത്തിരി ഭേദമാക്കിയിട്ട് ഡോക്ടറെടുത്ത് പോവുക അങ്ങനെയാണോ പറയുക ഡോക്ടറെടുത്ത് കൊണ്ട് കൊടുക്കുകയാണ് അല്ലേ ചിലപ്പോൾ സർജറിക്കൊക്കെ പോകുമ്പോ അൺകണ്ടീഷണൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുവെച്ചാൽ അവരുടെ കൈപ്പഴ വലതൊക്കെ പറ്റിയാലും ഞങ്ങള് കേസ് കൊടുത്തുള്ളേ ചിലര് അമേരിക്കയിലൊക്കെ ഒരു ചെറിയ ചികിത്സക്ക് പോലും ഒരുപാട് നിയമങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ഡോക്ടറുടെ പേരിൽ കേസ് കൊടുക്കും അപ്പൊ അവിടെ ഒക്കെ എഴുതി കൊടുക്കും അല്ലേ ഭഗവാന്റെ അടുത്ത് നമ്മളെ അങ്ങോട്ട് കൊടുക്കുമ്പോ Unconditional Surrender. ഏത് സ്ഥിതിയിൽ നമ്മൾ ഇരിക്കണം അതേപോലെ സെറണ്ടർ അപിചേത് സുദുരാചാര കഴിഞ്ഞ അധ്യായത്തിന്റെ സംഗ്രഹങ്ങളാണ് ഞാൻ പറയണത് അപിചേത് സുദുരാചാര ഭജദേമാമനന്യ ഭാക് സാധുരേവ സമന്തവ്യ ്യവസിിപ്രംഭവധർമാത്മാ ശത് ശാന്തി കൗന്യ പ്രതിജാനീ ഹി നമേ ഭക്തണ്യതി ഭര ദുരാചാര്യ ആണെങ്കിൽ ശരി അയാൾ എങ്ങനെ ഇരിക്കണു അതേപടി എനിക്ക് ശരണാഗതി ചെയ്യട്ടെ അതേപടി എന്നെ പിടിക്കട്ടെ ഭഗവത് ആശ്രയം ഇൻവോഖ്യം ഭഗവാനെ അങ്ങോട്ട് വിളിക്കാം ശുദ്ധം ചെയ്യാനായിട്ട് ഭഗവാന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്ക ഭജതയമാമ അനന്യ ഭാഗം ആ രീതിയിൽ തന്നെ ഭഗവാൻ അങ്ങോട്ട് സരണ്ടർ ശരണാഗതി ചെയ്താൽ ഭഗവാൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ അത്തുകഴിഞ്ഞ ഒരു തേച്ചു കുളിപ്പിക്കലുണ്ട് ചില അമ്മമാരൊക്കെ ചകിരിയിട്ട് തേക്കും പിള്ളേരെ പഴയ കാലത്ത് ഈശ്വരൻ ഈ ഭക്തനെ ശുദ്ധമാക്കാനായിട്ട് നിർമ്മലമാക്കാനായിട്ട് സംശുദ്ധി ചെയ്യാനായിട്ട് ചിലപ്പോ അതിനുശേഷം ഭഗവാൻ കയ്യിലെടുത്തു കഴിയുമ്പോ ഭഗവാന്റെ കൃപാശക്തി ഈ ജീവനെ ശുദ്ധമാക്കിക്കൊള്ളും ക്ഷിപ്രംഭവതി ധർമാത്മാണു bhavati സാധന ചെയ്തിട്ടൊന്നും അത്ര പെട്ടെന്നാവില്ല ഞാൻ സാധന ചെയ്യും ഭഗവാൻ ഈ ഭക്തന്റെ ഉള്ളിലൂടെ സാധന ചെയ്യും ഭക്തന് ഭഗവത് അനുഭൂതം അനുഭൂതി വന്ന ശേഷമാണ് അറിയ ഞാനല്ല സാധന ചെയ്തത് ഭഗവാനാണ് സാധന ചെയ്തത് ഭഗവാൻ എന്റെ ഉള്ളിൽ പ്രവേശിച്ച് സാധന ചെയ്തു ഭഗവാൻ ഉള്ളിൽ പ്രവേശിച്ചു ജപം ചെയ്തു ഭഗവാൻ ഉള്ളിൽ പ്രവേശിച്ച് ധ്യാനിച്ചു ഭഗവാൻ ഉള്ളിൽ പ്രവേശിച്ചു ഭക്തി ചെയ്തു ശാന്തി ശാന്തി എന്താന്ന് വെച്ച ഗ്രേറ്റസ്റ്റ് റിലീസ് വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ദുരിതം അങ്ങോട്ട് പോയി എന്താ ഈ അഹങ്കാരം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ സാധനം ചെയ്ത് ശുദ്ധമായിട്ടിരിക്കുമ്പോഴും ഞാൻ ശുദ്ധനാണ് അവനശുദ്ധനാണെന്ന് തോന്നിക്കൊണ്ടേയിരിക്കേ ഈ ഇത് തന്നെ ഒരു ദുരിതമാണ് ഏറ്റവും വലിയ അശുദ്ധി ഈ അഭിമാനം അവിടെ നിന്നുകൊണ്ടേയിരിക്കും എന്തൊക്കെ ശുദ്ധി ഉണ്ടെങ്കിലും ഈ അഭിമാനം എന്നുള്ള ഒരു അശുദ്ധി നമുക്ക് സമാധാനം തരില്ല ഭഗവാന് ശരണാഗതി ചെയ്യുമ്പോ ആദ്യം തന്നെ പോണത് ഈ അഭിമാനാണ് അതങ്ങട് ഭഗവാൻ കൊടുത്തപ്പോ ശാന്തി നികച്ചത് അപ്പാ ഒരു ദുരിതം അങ്ങോട്ട് ഒഴിഞ്ഞു തൊല്ല ഒഴിഞ്ഞത് റിലീസ് നമേ ഭക്ത പ്രണശ അപ്പോ കണക്ഷൻ അൺഇന്ററപ്റ്റഡ് കണക്ഷനാണ് നമ്മുടെ ഭഗവാന്റെ അടുത്ത് അവിടെ നാശമില്ല ഭഗവത് ആശ്രയം അവനുണ്ട് ഭഗവത് കൃപ എവിടെയുണ്ട് ശാന്തി ഉണ്ടാവും ആനന്ദമുണ്ടാവും നിർവൃത്തി ഉണ്ടാവും ഇതാണ് രാജവിദ്യ രാജഗുഹ്യോഗം എന്ന് ഭഗവാൻ കഴിഞ്ഞ് അദ്ധ്യായത്തിൽ പറഞ്ഞത് അതിലവസാനം ഭഗവാൻ പറഞ്ഞു ഭജതേ മാമനന്യഭാഗത്ത് പറഞ്ഞു എങ്ങനെ ഭജിക്കണ്ടെന്ന് വെച്ചാൽ മന്മനാഭവ് ം നമസ്കുറു മാമേ വൈശ്യസിയുക്തം ആത്മാനം മത്പരായ ഭഗവത്പരായണനായിട്ടിരിക്കുക മനസ്സിനെ ഭഗവാന് കൊടുത്തു എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിക്കണം മനസ്സിൽ എന്താ ചിന്ത ഭഗവൻ നാമം ജപം ഭഗവത് കഥകളെ അനുസന്ധാനം ചെയ്യുന്നു ഇവന്റെ അഭിമാനത്തിന് ഭഗവാൻ ശരണാഗതി ചെയ്തു അതാണ് മദ്ഭക്ത എന്തൊക്കെ ജീവിതത്തിൽ സുഖ ദുഃഖങ്ങൾ വരണോ ഒക്കെ അവിടെ യജനം ഹോമം ചെയ്യണം മദ്യാജി മാം നമസ്കുറു പരിപൂർണമായി ഭഗവാനെ നമസ്കരിച്ചു എന്ന് ശരണാഗതി ചെയ്തു ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പൂർണമായിട്ട് ഭഗവതാശ്രയത്തോടെ ഇരുന്നാൽ മാമേവ യേശ്യസീ നീ അവസാനം എന്നെ തന്നെ പ്രാപിക്കും പ്രാപിച്ചിരിക്കണോ ഇപ്പൊ തന്നെ പ്രാപിച്ചിരിക്കണു ഇനി പ്രാപിക്കലില്ല ഇപ്പ എന്താണോ അതാണ് അനുസ്യൂത ഉണ്ടായിക്കൊണ്ടിരിക്കാൻ വേണ്ടത് ഇപ്പോ നമ്മൾ എങ്ങനെ ഇരിക്കണോ ഇപ്പോന്നുള്ളതാണ് കാലമേ അടുത്ത ക്ഷണവും ഇപ്പൊ ആണ് അതിനടുത്തണവും ഇപ്പാണ് ഇങ്ങനെ അനുസ്യൂതം ഭഗവത് സ്മരണത്തിൽ ഇരിക്കണ ഭക്തന് ഭഗവത് പ്രാപ്തി ഉണ്ടാവും എന്നിപ്പോ പ്രത്യേകിച്ച് പറയണു പാരായണഹ എന്ന് പറഞ്ഞ് ആ രാജവിദ്യാരാജഗുഹ്യ യോഗം ഭഗവാൻ പൂർത്തി ചെയ്തു ഈ വർഷം നമുക്ക് ഈ മൂന്ന് ദിവസത്തിലാണ് ഈ പത്താമത്തെ അധ്യായം വിഭൂതിയോഗം പറയാൻ പോണത്ത് എങ്ങനെ പറയുന്നറിയില്ല ശ്രമിക്കാം രാവിലെയും വൈകിട്ടായിട്ടും ഭഗവാന്റെ വിഭൂതി വിസ്താരമാണ് ഈ യോഗത്തില് ഭാഗവതത്തില് അഷ്ടമ സ്കന്ധത്തില് ഭഗവാനെ മഹാവിഭൂതിഹി എന്ന് പറഞ്ഞ് സ്തുതി ചെയ്യണ്ട് വിഭൂതി എന്ന് വൈഭവം അഥവാ വിശേഷേണ ഭൂതിഹി വിശേഷമായിട്ടുള്ള സദ്ഭാവം ഇതൊക്കെ ഭഗവാന്റെ വിഭൂതിയാണ് എല്ലായിടത്തും സർവത്ര ഭഗവാനാണ് ഉള്ളത് ആത്മൈവയുധം സർവം പ്രഹ്ലാദന് കണ്ടു രണ്ടും കശുപ്പു കണ്ടില്ല അത്രയേ ഉള്ളൂ പ്രഹ്ലാദൻ പറഞ്ഞു നാരായണൻ അല്ലാതെ വേറെ ഒന്നുമില്ല ത്വം വായുരഗ്നിരവനിർ വിയതമ്പുമാത്രാഹ പ്രാണേന്ദ്രിയുഗ്രഹശ്ശവമോ വിഗുണശ്ശൂമനോ വചസക്തം സഗുണം വിഗുണം നല്ലത് ചിത്ത എന്തൊക്കെ കാണുന്നു ഒക്കെ ഭഗവാനെ നീയാണ് പ്രഹ്ലാദന് ഹിരണ്യകശിപു നാരായണനാണ് ഹിരണ്യകശിപുവിനാണ് നാരായണൻ എവിടെയില്ല പ്രഹ്ലാദന് അച്ഛനെ നോക്കുമ്പോഴും നാരായണനാണ് സർവത്ര ഭഗവാൻ അപ്പോ അവിടെ സർവാത്മഭാവം നമുക്ക് പക്ഷേ ഭഗവാനെ ഏതെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കാണണം എന്നുള്ളത് ഉണ്ട് അല്ലേ എവിടെയും കാണാത്തത് കൊണ്ട് അത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലത്തെങ്കിലും കാണാം മഹാപുരുഷന്മാരിലെ ദർശനം ക്ഷേത്രങ്ങളിലെ ദർശനം വിഭൂതിക്ക് ഒരു ഡെഫിനേഷൻ ഒരു ലക്ഷണം പറയണമെങ്കിൽ എന്താന്ന് വെച്ചാൽ ശൈവ സിദ്ധാന്തത്തില് ഒരു കാര്യം പറയുമര് പണിവൊടുക്കും ഇടം നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അഹങ്കാരത്തിനെ അടക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മൾ എന്തൊക്കെ ജപം ചെയ്താലും ധ്യാനം ചെയ്താലും യോഗം ചെയ്താലും ഒക്കെ നീ ഞാനാണ് ചെയ്യണത് എന്ന് തോന്നുന്നു തന്നിഴപ്പൈ എന്ന കറ്റ് സാധിപ്പൻ സാധിക്കാം ഈ സാധിക്കണ ആളെ എങ്ങനെ ഇല്ലാതാക്കും എന്നാണ് ഞാനങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ ഈ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് അടങ്ങും ഭഗവത് സന്നിധിയിൽ വരുമ്പോൾ മഹാപുരുഷ സമ്പർക്കത്തിൽ വരുമ്പോൾ ഗുരുവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഈശ്വര സാന്നിധ്യമുള്ള ഒരു പ്രസൻസുള്ള ഒരു ഹയ്യർ പ്രസൻസ് ഉള്ള ഒരു സന്നിധിയിൽ ടെമ്പറിയായിട്ടെങ്കിലും അതുകൊണ്ടാണ് അവിടെ പോകുമ്പോൾ നമുക്ക് ഭഗവത് അനുഭവം ഉണ്ടാവുന്നു അവര് നമ്മളെ നോക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നു നമ്മൾ ശരീരമല്ല നമ്മൾ ആത്മാവാണെന്ന് കുറച്ച് നേരത്തേക്ക് ഒരു അനുഭവം ഉണ്ടാവും അഹങ്കാരമില്ലാത്ത ഒരു സ്റ്റേറ്റ് ഇഗോലെ സ്റ്റേറ്റ് യു എക്സ്പീരിയൻസ് അത് നിങ്ങളുടെ സാമർഥ്യം കൊണ്ടല്ല സുഷുപ്തിയിൽ ഉറങ്ങുമ്പോൾ ഈശ്വരനായിട്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതി മൂലം ദിവസം അഹങ്കാരമില്ലാത്ത ഒരു സ്റ്റേറ്റ് അനുഭവിക്കണം അല്ലേ ഉറക്കത്തിൽ അഹങ്കാരമേ ഇല്ല സുഖമായി ഉറങ്ങി എണീറ്റു അത് ഈശ്വരനീയത്തി പക്ഷെ അത് നമുക്ക് ജാഗ്രതത്തില് പ്രയോജനവും ഇല്ല ജാഗ്രതത്തിൽ ആ അനുഭവം ഉണ്ടാവണത് ദിവ്യമായ സന്നിധിയില് ഒരു ഹയർ പ്രസൻസിൽ കുറച്ച് നേരത്തേക്ക് നമ്മളുടെ അഭിമാനം അങ്ങോട്ട് ഇല്ലാതാവും ഭഗവാൻ രമണ മഹർഷിയുടെ ഭക്തന്മാരുടെ കഥയൊക്കെ ആയിട്ട് ഒരു മൂന്ന് വോളിയും പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്തായിട്ട് ആ ബുക്കിന് പേര് തന്നെ പവർ ഓഫ് ദ പ്രസൻസ് എന്നാണ് പവർ ഓഫ് ദ പ്രസൻസ് സാന്നിധ്യത്തിന്റെ ബലം ആ സാന്നിധ്യം എന്ത് ചെയ്യണു എന്ന് വെച്ചാൽ അതായിട്ട് പവർഫുള്ളായിട്ട് നിങ്ങളെ അടക്കണം നിങ്ങൾ സാധന ചെയ്തിട്ടല്ല എന്ന ആണ്ട ഇടം താണോ പൊരുളാവത്ത് ഷൺമുഖനെ അരുണഗിരിനാഥസ്വാമികൾ ഒരു പാട്ടിൽ പറയണു ആ എന്താണെന്ന് വെച്ചാൽ ഏതോ വസ്തു എന്നൈ ആണ്ട ഇടം അത് എന്നെ വന്ന് പിടിച്ച് അടക്കി അഭിമാനമില്ലാതാക്കി കുറച്ചു നേരത്തേക്ക് ഞാനില്ലാത്തൊരു സ്ഥിതി ഞാനില്ല എന്നാ ഞാനുണ്ടത് ഞാനെന്നുള്ള അഭിമാനം അല്ല എന്നാൽ സത്തുണ്ട് പ്രസൻസ് ഉണ്ട് ശാന്തിയുണ്ട് ആനന്ദമുണ്ട് ആ സന്നിധിയിൽ പോകുമ്പോൾ അത് ഉണ്ടായി ആ സ്ഥിതിക്ക് ആ സ്ഥിതി നമ്മൾ പരിചയപ്പെടണം കുറച്ച് ലോകത്തിൽ മുഴുവൻ നമ്മൾ പരിചയപ്പെടുന്നത് പെർസണാലിറ്റിയാണ് ജനിച്ചത് മുതൽ നമ്മൾ പരിചയപ്പെട്ടിരിക്കണത് പെർസണാലിറ്റിയാണ് ജനിച്ച ഉടനെ ഇന്ന പേര് എന്ന് വെച്ചു പിന്നെ എല്ലാവരും ആ പേര് പറഞ്ഞു വിളിച്ചു പിന്നെ ആളുകൾ പതുക്കെ പതുക്കെ നമ്മളുടെ അഹങ്കാരത്തിനെ പോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും സൊസൈറ്റി എന്ന് പറയുന്നത് അതാണല്ലോ സ്കൂളാകട്ടെ കോളേജ് ആവട്ടെ നിഫസ്റ്റ് വരണം ബാക്കിയുള്ളവനെ പൊറച്ച് പുറകെ തള്ളണം ഇങ്ങനെയേ ലോകത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അഭിമാനം പ്രബലപ്പെട്ട് പ്രബലപ്പെട്ട് വരണതിനെയാണ് നമ്മള് കുട്ടിക്ക് വിവരം വെച്ചു വരണെന്ന് പറയണത് അല്ല ബുദ്ധിയായിട്ടോന്നൊക്കെ മനസ്സിലാവണ േ ഈ നായ്ക്കൾ കണ്ടിട്ടുണ്ടോ കുട്ടി നായ്ക്കളെ വലിയ നായ കടിക്കാൻ പഠിപ്പിക്കും കളിക്കുകയാണെന്ന് നമുക്ക് തോന്നും അത് കടിക്കേണ്ടത് പഠിപ്പിച്ചോളൂ അതുപോലെ നമ്മൾ നമ്മളുടെ കുട്ടികളുടെ അടുത്ത് ചെയ്യും ഓരോ സാധനം എടുത്ത് ഇത് പറയും അപ്പൊ കുട്ടി പറയും അല്ലല്ലോ എന്റെ ആണെന്ന് പറയും അത് വേണം നമ്മൾ അൺകോൺഷ്യസ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് കുട്ടിയുടെ അടുത്ത് കളിക്കുകയാണെന്ന് വിചാരിക്കും പക്ഷെ പതുക്കെ പതുക്കെ യു ആർ മേക്കിംഗ് ഹിം ലേൺ ഹൗ ടു ബി ഈഗോയിസ്റ്റിക് ഒരാള് സ്വാർത്ഥമേ ഇല്ലാതിരുന്ന നമ്മളിപ്പോ സാധു ലോകത്തിൽ ജീവിക്കാനെ കൊള്ളില്ല അങ്ങനെയാണ് ലോകം പഠിപ്പിക്കണത് അതുകൊണ്ട് തന്നെയാണ് സഫറിങ് ദുഃഖം മുഴുവൻ അവിടെയാണ് മൂലഅവിദ്യ ഈ അഹങ്കാരം തന്നെയാണ് മൂലാവിദ്യ ക്യാൻസറിനെക്കാളും ഭയങ്കരമായ രോഗം അതിനെവിടെ കൊണ്ട് കളയും അതില്ലാത്ത ഒരു സ്റ്റേറ്റ് നമുക്ക് ലോകത്തിൽ ഒരു എക്സ്പീരിയൻസിലും ഇല്ല അല്ലാതെ ഈ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ് അല്ലാതെ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ് നോക്കും നമുക്ക് ദിവസം ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഈഗോ പോയി എല്ലാ അനർത്ഥവും പോയി ഏത് വിഷമം പിടിച്ച ദിവസമാണെങ്കിലും ഏത് ദുഃഖമുള്ള ദിവസമാണെങ്കിലും അതിനകത്തേക്ക് പോയാൽ സുഖം എണീറ്റ ഉടനെ ഈ അഹങ്കാരം വന്നു ദുഃഖം വന്നു വിഷമങ്ങൾ വന്നു അനർത്ഥം വന്നു എല്ലാ പ്രശ്നവും വന്നു ഞാൻ നീ അവൻ എല്ല എന്നുവച്ചാ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ജാഗ്രത കോൺഷ്യസായിട്ട് ഞാൻ നീ ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് ഭഗവാൻ ഗീതയിലെ യോഗം എന്ന് പറഞ്ഞത് പ്രജ്ഞ ത്രിഗുണാതീത സ്ഥിതി ഭക്തി ജ്ഞാനം സമാധി എന്നൊക്കെ പല പേര് പറഞ്ഞു വിളിച്ചു സമമായ സ്ഥിതി സാധാരണ ഭാഷയിൽ പറഞ്ഞ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയണമെന്ന് നമ്മളുള്ളതാണ് ഒരു അബ്നോർമൽ സ്റ്റേറ്റ് നോർമൽ സ്റ്റേറ്റ് ശാന്തി സമാധാനം സന്തോഷം എന്താണെന്ന് വെച്ചാൽ അഭിമാനം പോയി ഭക്തിയുടെ ഒക്കെ പരമലക്ഷ്യം അത് മാത്രമാണ് അഭിമാനം പോയി അഹന്തൈ ഉറു അഴിതൽ മുക്തി ഭഗവാൻ രമണ ഭഗവാൻ ഉള്ളതെന്നർപ്പതിൽ അവസാനം അവസാനിക്കുന്നത് അങ്ങനെയാണ് അഹന്തൈ ഉറു അഴിതൽ മുക്തി ം പോക്തി അഹങ്കാരം ദുഃഖം താ അഹങ്കാരത്തെയോ അഹങ്കാരത്തുക്ക് അഴിച്ചത് അഹങ്കാരമേതാ സാധന പഹങ്കാരമേതാ ജപം പണ്ടത് അഹങ്കാരമേതാ പ്രാണായാമം പണ്ടത് എപ്പിടി അഴിച്ചും അഹങ്കാരം കൊണ്ട് അഹങ്കാരത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല അത് എന്ത് ചെയ്താലും ഞാൻ ചെയ്യണു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോ അതൊരു ഹയർ പ്രസൻസിൽ പോകുമ്പോ ഒരു പ്രത്യേക സുഖം വരും അതിനാണ് നമ്മൾ സത്സംഗം എന്ന് പറയുന്നത് സത്സംഗത്തിൽ എന്താവണം എന്ന് വെച്ചാൽ ഞാനില്ല എന്നാ ഞാനുണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ് അവിടെ പോകുമ്പോ ഞാനില്ല പക്ഷെ അപ്പോഴാണ് ഞാൻ പൂർണമായിട്ടുള്ളത് അഹന്തൈ അഴിന്ത് അഹന്ത മിഞ്ചും അഹങ്കാരം ഇല്ല എന്നുവെച്ചാൽ അഹമുണ്ട് ഞാനുണ്ട് ശാന്തി ഉണ്ട് ഒരു ഒരു നിറഞ്ഞ സ്ഥിതി ഇത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അനുഭവിക്കും പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ല അതിങ്ങനെ വന്നു പോകുമ്പോൾ ശ്രദ്ധിക്കില്ല സത്സംഗം നല്ല സുഖമായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ അതിനെ അങ്ങോട്ട് മാനസികമാക്കും പിന്നെ അടുത്ത പ്രാവശ്യം സത്സംഗം വരുമ്പോൾ യു അഗെയിൻ കം ഒരു തീർത്ഥ പോലെയാണത് അതിലേക്ക് അപ്പോ ഇതിൽ ഇരുന്ന് ഇരുന്ന് ഇരുന്ന് അവസാനം എന്താവും എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റുമായിട്ട് നമുക്കൊരു അക്ലമറ്റൈസേഷൻ വരും കേദാറിൽ മുകളിലൊക്കെ പോയാൽ ശ്വാസം മുട്ടുവേ അപ്പൊ ഓക്സിജനൊക്കെ കൊണ്ടുപോകില്ലേ എന്താണെന്ന് വെച്ചാൽ അക്ലമറ്റൈസേഷൻ ആയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ പതുക്കെ ഈ അഭിമാനമില്ലാത്ത സ്ഥിതിയിൽ അക്ലമറ്റൈസേഷൻ സ്വരൂപസ്ഥിതി സഹജ സ്ഥിതിയില് ഒരു അക്ലമറ്റൈസേഷൻ അതിനാണ് തിരുമൂല തിരുമന്ദിരത്തിലെ ഒരു പാട്ട് ചില ശിവൻകോവിലൊക്കെ എഴുതി വെച്ചിണ്ടാവും തമിഴ്നാട്ടിൽ ടും നഗരമും നത്തിരുക്കോയിലും തേടി തിരുതി ശിവപെരുമാൻ എന്ന് പാടുമിൻ ആ പാട്ടിൽ പറയണത് സാധാരണ ഭക്തിയാണ് എവിടെയൊക്കെ തീർത്ഥക്ഷേത്രങ്ങളുണ്ട് എവിടെയൊക്കെ ശിവൻകോവിലുണ്ട് എവിടെയൊക്കെ വിഷ്ണുഗോവിലുണ്ട് അന്വേഷിച്ചു പോയി സ്തുതിച്ച് പാടി നമസ്കരിക്കാം പാടി പണിമിൻ അവിടെ ചെന്ന് സ്തുതിച്ച് നമസ്കരിച്ച് നമസ്കരിച്ച് കുറെ കഴിയുമ്പോൾ പണിന്ത കുറെ കഴിയുമ്പോൾ ഈ പണിവുണ്ടല്ലോ അത് നമുക്ക് സ്വഭാവം പണിവെന്ന് വെച്ചാൽ അഭിമാനം അടങ്ങാം ലോകത്തിൽ അഭിമാനം അടങ്ങിയേ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ അഭിമാനം അടങ്ങാനും എന്തെങ്കിലും ഒരു സാന്നിധ്യം വേണ്ടിയിരിക്കണോ ഇപ്പോ ചിലപ്പോ ഒരു സാന്നിധ്യത്തിൽ കുറെ കാലം നിന്നാൽ കുറെ കഴിയുമ്പോൾ ആ അവിടെ അക്ലമറ്റൈസ് ആയിട്ട് പിന്നെ പോന്തി വരും അതുകൊണ്ട് എവിടെയും നിൽക്കരുത് എന്താണ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അഭിമാനം അടങ്ങാം ആ അഭിമാനം അങ്ങോട്ട് നിശേഷായിട്ട് അടങ്ങിക്കഴിയുമ്പോ പണിന്തപ്പിൻ നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനെ ഈ അഭിമാനം നിശേഷമായി പണിഞ്ഞു പോയാൽ അടങ്ങിപ്പോയാൽ ഹൃദയത്തില് ആത്മാനുഭവം ഭഗവത് അനുഭവം അതിന്റെ അനുഭൂതി ഹൃദയത്തിൽ പ്രകാശിക്കും ശരി അപ്പൊ അടങ്ങാൻ അങ്ങനെയുള്ള സന്നിധിക്കാണ് ഭഗവാൻ ഇവിടെ വിഭൂതി എന്ന് പറയുന്നത് ഏത് സാന്നിധ്യം In spite of you, will influence you or powerfully make you abide, surrender, erase you. You don't have to do that. That is the power of you. You don't have to do that. That is the presence of you, that is the power of you temporarily. മനസ്സിനെ അടക്കി ഇന്ദ്രിയങ്ങളെ അടക്കി കുറച്ചു നേരത്തേക്ക് ഇറ്റ് മേക്സ് യു അബ്സോർബ്ഡ് സിനിമയൊക്കെ ചെയ്യണ്ട അല്ലേ സിനിമ കാണുന്നു എന്തെങ്കിലും പുസ്തകം വായിക്കുന്നു അപ്പോഴൊക്കെ മനസ്സടങ്ങുന്നു അത് മനസ്സ് അഹങ്കാരത്തിന് പ്രബലമാക്കി പുറമേ കേഗ്രപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ബാഹ്യമായ രാഗദ്വേഷ വികാരങ്ങളൊന്നുമില്ലാതെ കേവലം അധ്യാത്മ അനുഭൂതി കൊണ്ട് മാത്രം നിങ്ങളെ അടക്കിയിരുത്തുന്ന പ്രസൻസ് സന്നിധി പലരും ചോദിക്കും എന്തിനാണ് അമ്പലങ്ങളൊക്കെ ചോദിക്കും അമ്പലമൊക്കെ ഇതിനാണ് ദിവ്യക്ഷേത്രങ്ങളൊക്കെ ഋഷികൾ കാരുണ്യത്തോടെ വെച്ചിരിക്കുന്നത് ഈ അടക്കം വരാനാണ് അതാണ് വിഭൂതി എന്ന് പറയുന്നത് ആ വിഭൂതി സാധാരണ മനുഷ്യന് ഉള്ളിൽ നോക്കി ചെയ്യാൻ സാധിക്കാത്ത കാര്യം അവിടെ പോയി അടങ്ങി അടങ്ങി അടങ്ങി അടങ്ങി പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനെ ഹൃദയത്തിൽ തന്നെ പ്രകാശിക്കും പുറമേക്ക് ഒരു ആലംബവും ആവശ്യമില്ല പിന്നെ അപ്പൊ അകമേക്കുള്ള മഹാവിഭൂതി പ്രകാശിക്കും ഏറ്റവും വലിയ വിഭൂതി ആത്മാവാണ് നമ്മളുടെ സ്വരൂപമാണ് നമ്മുടെ വഴിയെ കാണാം ഇതിൽ തന്നെ കാണാം അങ്ങനെ ആ വിഭൂതിയെ കുറിച്ച് ഭഗവാൻ പറയുന്ന ഉപാസനാർത്ഥമാണ് വിഭൂതി